അതുകൊണ്ട് അത് ഗംഭീരമായി പറയുന്ന ഒരു രംഗവും കൂടിയാണ് അറിവല്ലാതെ എങ്കിലെന്തിരിക്കുന്നു ആ അറിവ് അതിൻ്റെ നിറവ് വന്നാലുള്ളത് നമ്മൾ നേരത്തെ കണ്ടു ആ അറിവായ ബോധം പൂർണ്ണമായി തെളിഞ്ഞാൽ പിന്നെ ഇത് അത് അറിവ് അത് പൂർണ്ണമായാൽ ഇത് എവിടെ നിൽക്കും ഇതിന് നിലനിൽപ്പില്ല എന്ന് ഭാവം അറിവൊന്ന് അറിവൊന്ന് എണ്ണം വേറില്ല അറിവൊന്നല്ലാതെ വേറെ ഒരെണ്ണം പോലും ഇല്ല അറിവൊന്ന് എണ്ണം വേറില്ല പലതില്ല സാർ നല്ല മലയാളത്തില പറയുന്നത് അറിവ് അല്ലെങ്കിൽ ബോധം എവിടെയും ഒന്നു തന്നെ എണ്ണം വേറില്ല ബോധം പലതില്ല എങ്കിൽ അറിവല്ലാതെ എന്തിരിക്കുന്നു ഇതാണ് സത്യമെങ്കിൽ അറിവല്ലാതെ പിന്നെ ഒല്ലുണ്ടോ ഒന്നുമില്ല അറിവ് ഒന്ന് അറിവ് ഒരെണ്ണമേ ഉള്ളൂ വേറെ എണ്ണമൊന്നുമില്ല രണ്ട് മൂന്ന് നാല് എന്നെണ്ണാൻ വേറെ ഇല്ല ഇതാണ് സത്യമെങ്കിൽ പിന്നെ അറിവല്ലാതെ വല്ലോ അപ്പോൾ ഉണ്ടോ ആകെ അറിവ് ഒന്നേ ഉള്ളൂ എങ്കിൽ അറിവല്ലാത്തത് ഒന്നുമില്ല എന്ന് സാരം അങ്ങനെയാണെങ്കിൽ ഇതാണ് സത്യമെങ്കിൽ ബോധത്തിന് അനുഭവത്തെ കൈവിട്ടു നിൽക്കാൻ കഴിയുമോ പരീക്ഷണങ്ങളെ നിരീക്ഷണങ്ങളെ അതിനെയൊക്കെയാണ് ആധുനിക അറിവ് അനുഭവം എന്നൊക്കെ പറയുന്നത് അൻപത് കൊല്ലം പരീക്ഷണം നടത്തി അറിഞ്ഞതാണെന്ന് പറഞ്ഞാണ് നിങ്ങളുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ വരുന്നത് ക്യാൻസർ പഠനങ്ങളൊക്കെ പഠിച്ചാൽ ഇത് കൂടുതൽ വ്യക്തമാവും ഇൻ വിവോയിലും ഇൻവിഡ്രോയിലും ഇൻ വിവോയിൽ മൂന്ന് ഫേസുകളും ഇൻവിഡ്രോയിൽ മൂന്ന് സ്റ്റേജുകളും ഒക്കെയായി പഠിക്കുമ്പോൾ ആധുനിക പഠനങ്ങൾ ആ പരീക്ഷണങ്ങളെയൊക്കെ വെച്ചിട്ടാണ് ഇത് സത്യമാണെന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നത് കോസ് ടു എഫക്റ്റുമൊക്കെ അതിൽ കോശങ്ങളുടെ എഫ് സി ഡി സി ഒക്കെ നോക്കിയാൽ ആ സെല്ല് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള സെൽ ഡിവൈഡിങ് കപ്പാസിറ്റിയൊക്കെ നോക്കിയാൽ മൃത്യുവിയിലേക്ക് പോകാനുള്ള ഇച്ഛനെ ബോധത്തിൽ അങ്കുലിപ്പിച്ച് എൻ്റെ കോശത്തിന് ജീവിക്കുന്നതിനേക്കാൾ മൃത്യുവിന് ആഗ്രഹം ജനിപ്പിച്ച് ഉണ്ടാക്കിയതാണ് ക്യാൻസറെങ്കിൽ സുശ്രുതൻ ഏത് ക്യാൻസറോജനാണ് ഏത് ജീനാണ് പിന്നെ അതിന് കാരണമാകുന്നു ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ പുകവലിച്ചിട്ടില്ല എന്റെ അച്ഛൻ പുകവലിച്ചിട്ടില്ല എന്റെ അപ്പൂപ്പൻ പുകവലിച്ചിട്ടില്ല എനിക്കിന്ന് ഇരുപത്തിയേഴ് വയസ്സുണ്ട് എന്റെ നങ്ങിനെ ക്യാൻസർ ബാധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു വരുമ്പോൾ തുബാക്കോയിൽ അടങ്ങിയിരിക്കുന്ന ക്യാൻസറോജന പ്രതി ചികിത്സാശാസ്ത്രത്തെ വികസിപ്പിച്ചെടുക്കുന്നതിൻ്റെ അന്താരാളം ഹോസ് എഫക്റ്റും തമ്മിലുള്ള ചിന്തയുടെ അടിവെട്ടുന്നതാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മുഴുവൻ വിട്ടിത്തവും ഇൻവിവോയിലും ഇൻവിട്ടോയിലും സൂക്ഷ്മ നിരീക്ഷണങ്ങൾക്ക് വിധേയമായാൽ ബോധ്യമാവും ഇതാണ് സത്യമെങ്കിൽ ശാസ്ത്രം പരീക്ഷണങ്ങളെ അറിവ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് അത്രയും അറിവില്ലായ്മയായി മാറും ഈ ഒരു തലത്തിൽ ദൃഢാനുഭവങ്ങളെ കൈവിട്ടു നിൽക്കുവാൻ ഈ ബോധത്തിന് കഴിയുമോ ഇപ്പോൾ രാചാര്യൻ തൻ്റെ മാന്തോപ്പിലിരുന്ന് സ്വച്ഛന്തം ചിന്തിക്കുന്നതായി ചിന്തിച്ചാൽ ശാസ്ത്രം അതിൻ്റെ ഗഹനതയിലൂടെ ആയിരമായിരം തഥ്യകള് ഉത്പ്രേക്ഷിച്ചുണ്ടാക്കിയ ചിന്തകളെ എല്ലാം എങ്ങനെ ഉല്ലംഘിക്കുന്നു എന്ന് കാണാം അറിവ് ഒന്നേയുള്ളൂ എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നവയെ തൊട്ട് എണ്ണിയാൽ ഒടുങ്ങുകയില്ല എന്ന് തിരിച്ചറിഞ്ഞ് അനന്ത ഉഴലേണ്ടി വരുന്നതാണ് ആ അറിവൊന്നും തിരിച്ചറിഞ്ഞ് അതിനെ വെടിഞ്ഞ് സ്വസ്വരൂപത്തിലേക്ക് തിരിയാൻ ഒന്നൊന്നായി അങ്ങനെ എണ്ണിയാൽ അവ്യവസായിനാത്മികുദ്ധി अर्जुन व्यवसायत्मिकुद्धि बहुशाखा शास्त्र अोटे ओरों नोट कल चुन എല്ലാ പഠിപ്പിന്റെയും അന്തരാളം അന്ധന്റെ ആനയായി മാറുകയാണ് യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി ബ്ലാക്ക്ബോർഡില് പ്ലെയിനില് ത്രികോണം വരച്ച് നൂറ്റൻപത് ഡിഗ്രിയാണെന്ന് ഡിഗ്രിയിൽ കുറവാണ് ആകത്തുക എന്ന് കോൺവെക്സ് ത്രികോണം വരച്ച് നൂറ്റൻപതിൽ കൂടുതലാണെന്ന് റിമാൻ സമർത്ഥിക്കുമ്പോൾ നൂറ്റൻപതിൽ കൂടുതലും നൂറ്റൻപതിൽ കുറവുമായ മൂന്നും സത്യമായി നിൽക്കുന്നത് ദൃഷ്ടി എങ്ങനെയോ അങ്ങനെയാണ് മാത്തമറ്റിക്സുകാർ ആരെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ സൈക്ലോയിഡ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മയുണ്ടെങ്കിൽ നിർവചനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് അരോചകമാകാതിരിക്കാൻ ഇൻഡിറ്റർമിനറ്റിൻ്റെ ലോകങ്ങളിലേക്ക് കടന്നു പോകുന്ന ജനിതയുക്തിയുടെ ഭൗമതലങ്ങളും അഭൗമതലങ്ങളും ആലോചനാമസൃണമാണ് വിഷയം ഗണിതശാസ്ത്രമല്ലാത്തത് കൊണ്ട് കുറേ സമയം കൊണ്ട് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് കിടന്നുവാം ഇല്ലെങ്കിൽ ഇതുപോലെ മനോഹരമാണത് അപ്പോ ശാസ്ത്രത്തിന് അനന്ത ഭേദബുദ്ധിയിൽ ഉടലേണ്ടി വരും സാങ്കേതിക വിദ്യയ്ക്കും അതുകൊണ്ട് അറിവിനെ ഏകീഭവിപ്പിക്കുന്ന അറിവ് അനന്തമാകാത്ത ഗുരു ഇത് പറയുന്നുണ്ട് ദൈവദശകം ഒന്നൊന്നായ എണ്ണി ൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിലസ്പന്ദണം രാമേശ്വരത്ത് പോയിട്ടുണ്ടോ ഇല്ല പോയിട്ടുണ്ടോ ഇല്ല ഏ ആ രാമേശ്വരത്ത് തൻ്റെ വീട്ടുമുറ്റത്തെത്തുന്ന ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയുമൊക്കെ ആയവൻ അവൻ്റെ കയ്യിൽ കൊണ്ട് കൈക്കുമ്പിളിൽ കൈ കൊണ്ടിരുന്ന പാത്രത്തിലെ വെള്ളത്തിലേക്ക് അവന് മനസ്സിലാകാത്ത ഏതോ ഭാഷയിൽ ഒരു സ്തുതിഗീതം ചൊല്ലി അതിലേക്ക് തൻ്റെ വിരൽ മുക്കി ആ വെള്ളം കുടിച്ച് രോഗം മാറിപ്പോകുന്നവനെയും അത് കഴിഞ്ഞ് ആ തൻ്റെ പിതാവും ആ രാമേശ്വരത്തെ പൂജാരിയും ഇരുന്ന് ഈ ഭൂമിയിലേതല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് കേൾക്കുകയും ചെയ്ത നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രധാന പ്രസിഡന്റ് അഗ്നി ചിറകുകൾ പേര് അല്ല റെഫറൻസ് ആണെന്നാണ് എൻ്റെ ഓർമ്മ ഒന്നൊന്നായി എണ്ണി എണ്ണി പൊരുളുണ്ടാക്കുവാൻ പോയ നിങ്ങളുടെ പ്രസിഡന്റും ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടും ഒടുങ്ങുന്ന തലത്തില് എത്തിയ പിതാവും അറിവിൽ നിന്ന് അറിവില്ലായ്മയിലേക്ക് പുതുതുകൊകുമോ അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്ക് പോകുമോ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ ഇഷ്ടംപോലെ സ്പൈസാണ് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്ക് മനുഷ്യൻ വികസിക്കുന്നു എന്നാണ് അയാൾക്ക് വരൽത്തുമ്പിലുണ്ടായിരുന്നു ഈ വെള്ളത്തിലുണ്ടായിരുന്നു അറിവെങ്കിൽ ആ അറിവിൻ്റെ ഫലങ്ങൾ മാനവചേതനയിൽ നിന്ന് സമുജ്വലമായി പ്രകാശിപ്പിക്കുവാൻ ഒന്നൊന്നായി എണ്ണി എണ്ണിപ്പോകുന്ന അനന്തങ്ങളും ബഹുശാഖാൻവിതങ്ങളുമായ അറിവ് അറിവില്ലായ്മയുടെ പരിപ്രേക്ഷ്യമാണ് അത് ഒടുങ്ങിയ ഒരു ആചാര്യം ഒന്നൊന്നായി എണ്ണി തൊട്ട് എണ്ണും പുരുളൊടുങ്ങിയാൽ നിന്നിടും പോലെ ഉള്ള നിന്നില സ്വന്തമാകണം അങ്ങനെ വന്നാൽ അതിന് പറ്റുന്നതാണ് അടുത്ത ശ്ലോകം നോ അറിവിൻ ഇടമൊന്നുണ്ട് ഇല്ല അറിയപ്പെടുമെന്നതിന് വേറായി അറിവെന്നാൽ റിയപ്പെടുമെന്നത എന്നീടിൽ അറിവിന് ബോധത്തിന് ഇടം ഒന്നുണ്ട് ഈ അറിവിന് ഒരു സ്ഥലമുണ്ട് എവിടെ ചെന്നാലായി അറിവ് കിട്ടുക പാതഞ്ജലത്തിന്റെ നിസ്തുല സ്മൃതികളിലേക്ക് ഗുരുദേവൻ കടന്നു ഇവിടെ നിർവികൽപദശി വികൽപോപാധികളൊക്കെ അറ്റ ദശയി നിർവികൽപ്പം നിർവൃത്തി നിർവാസന നിർവിഷയം ഇതൊക്കെ യോഗികളുടെ അനുഭൂതിയാണ് പതഞ്ജലിയുടെ കാലത്തൊക്കെ യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി ഇങ്ങനെ അഷ്ടാംഗയോഗം ശീലിക്കണം അപ്പൊ ഒന്നും വേണ്ട ഇപ്പൊ ഞങ്ങളിത് മൂന്ന് മിനിറ്റ് കൊണ്ട് തരും ഞങ്ങളുടെ വരത്തുമ്പിൽ എങ്ങനെ ഇരിക്കുന്നത് പതഞ്ജലിയൊക്കെ എത്ര മോശം നിങ്ങൾക്ക് എന്തും ചെയ്യാം ഡു എവരി ഗോ എനിവേ ആൻഡ് എക്സ്പീരിയൻസ് കുണ്ടലിനി ജയ് ജാൻഡിക് മെഗാ മേള ഓഫ് കുണ്ടലിനി ഇൻ പാലക്കാട് വേറൊരു പേരാണല്ലോ അതിന് പറയുക കുംഭമേള എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഹിന്ദി ഹിന്ദി പദമാണെന്തു അതല്ല വേറെ ഇപ്പൊ ഈ വലിയ ആഘോഷങ്ങൾ എന്നൊക്കെ പറയുന്നൊരു പേരുണ്ട് ബാനറൊക്കെ കാണാം എന്തുവാ പക്ഷെ അതിന്റെ പദം ഹങ്കാമെന്നാണെങ്കിലും എഴുതിയ പോലെ വായിച്ചാൽ ഒരുമാതിരി ഹുങ്കമ്മയായിട്ടങ്ങ് മാറുകയാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ കിട്ടുന്ന വികല്പ അകത്തുന്ന ആവുകൊണ്ടത് അത് വേറെ തരാൻ പറ്റില്ല ങ്ങളും ഉപാധികളുമാണ് ഈ ലോകം അത് സഞ്ചിതങ്ങളും പ്രാരബ്ധങ്ങളും ആഗാമികളുമാണ് അത് പുരുഷാർത്ഥങ്ങളും പ്രാരബ്ധങ്ങളുമാണ് പ്രാരബ്ധം മാറ്റാനാവില്ല അത് പൂർവജന്മത്തിലെ പുരുഷാർത്ഥമാണ് പുരുഷാർത്ഥം നിർത്തിയെടുക്കാം പുരുഷാർത്ഥ രൂപമല്ലിത് അതുകൊണ്ട് അതിനെ നന്നായി പഠിച്ചു വേണം പോവാൻ അതുകൊണ്ടിവിടെ റിവിന് ബോധത്തിന് ഇടം ഒന്നുണ്ട് എല്ലാ ജടാജട പ്രതിഭാസങ്ങളെയും ഒഴിച്ചു മാറ്റി പൂർണവും സ്വതന്ത്രവുമായി നിൽക്കുന്ന ഒരിടം പറഞ്ചലിയു പറഞ്ഞത് യമം നിയമം ആസനം ആസനം എന്ന് സർവാങ്കാസനം ഭുജങ്കാസനം പത്മാസനം വജ്രാസനം സ്ഥിരസുഖമാസനം കാലു വളയില്ലാത്തവൻ മെനക്കെട്ട് കാലു വളച്ച് വെച്ചിരുന്നാൽ അവൻ ആസനത്തിലല്ലിരിക്കുന്നത് കാരണം അവൻ സർവതാ കാലയിലായിരിക്കുന്നത് അവന് സ്ഥിരമായ ഇരിക്കാൻ പറ്റില്ല സുഖമായും ഇരിക്കാൻ പറ്റില്ല ആളുകൾ നോക്കുന്നുണ്ടോ നോക്കാൻ സർവാങ്കാസനത്തിലൊരുത്തരുന്നുകഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ വേദന വരും എങ്ങനെ ഇരിക്കുമ്പോഴാണോ ഞാൻ ഇരിക്കുന്നില്ല എന്ന് ബോധ്യമാകുന്നത് അതാണ് ആസനം സ്വാതി ബന്ധപ്പെട്ടതല്ല ചിത്തവൃത്തി നിരോധത്തിൻ്റെ അത് ശരീരത്തിലല്ല അതൊക്കെ കേരണ്ട സംഹിതാകാരനൊക്കെ രൂപപ്പെടുത്തിയതിൽ ചികിത്സാശാസ്ത്രം നിലയിൽ ഉത്തമമാണ് യോഗാസനങ്ങൾ അതിനെ അങ്ങ് മാറ്റിവെച്ചിട്ട് ഇത് പഠിച്ചാൽ മതി അതിന് പതഞ്ജലിയായിട്ട് ബന്ധമില്ല അത് നാഡീസ്ഥിതി നാഡീശുദ്ധി അതുപോലുള്ള കാര്യങ്ങളോടൊക്കെ ബന്ധപ്പെട്ട് ഒട്ടേറെ ആരോഗ്യപരങ്ങളായ രക്ഷ തരുന്ന ഉത്തമങ്ങളായ പ്രക്രിയകളാണ് പക്ഷെ അത് ഈ ബന്ധപ്പെട്ടതല്ല ഇതിൻ്റെ വഴി സ്ഥിരവും സുഖവുമായിരിക്കുന്നതാണ് കാര്യം പേരിടുമ്പോൾ ഞങ്ങളൊക്കെ പതഞ്ജലി യോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിട്ടാണ് തലേം കുത്തിക്കാൻ പഠിപ്പിക്കുന്നത് പതഞ്ജലി അത് പഠിപ്പിച്ചിട്ടേ ഇല്ല പതഞ്ജലി പറഞ്ഞത് സ്ഥിരസുഖം ആസനം അതെവിടെയാണ് സ്ഥിരായും സുഖായും ഇരിക്കുന്നത് വൃത്തികൾ ഒഴിഞ്ഞ മനസ്സിൽ മനസ്സിൽ വൃത്തികളുണ്ടോ ഒരു തരം ഇരിക്കപ്പെർവിയില്ലായ്മയുണ്ട് നിരുന്നു നോക്കേ ചെല്ലു വാച്ചിലൊക്കെ നോക്കിയിട്ട് ചെറിയ അടയാളം കൊടുത്തിട്ടായിരിക്കുന്നത് ഇത്ര മണിയാകുമ്പോൾ ഇന്നതിന് പോവാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് പ്രസ്ഥാനത്തോട് ബന്ധപ്പെട്ട് ആരെങ്കിലും ഉത്തരവാദിത്വമുള്ളവർ അങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുന്നവൻ അത്ര മണിക്ക് പോകുമെന്ന് അപ്പോഴാണ് പതുക്കെ അവിടുന്ന് എഴുന്നേറ്റ് പോയി ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് വന്ന് വേറെ ഇടത്തിരിക്കും അവിടെ ഇരുന്നയാളിനോട് വർത്തമാനമൊക്കെ പറയും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ എഴുന്നേറ്റിട്ടുണ്ട് മറ്റേയാൾ അടുത്ത ദിവസം വരുമ്പം മൂന്നു മണി വരെയും ഉണ്ടായിരുന്നു അല്ല ഞാൻ മുഴുവൻ ഉണ്ടായിരുന്നു പക്ഷെ അവിടുന്ന് എഴുതേക്കുന്നത് ഞാൻ ഞാൻ മൂത്രം ഒഴിക്കാനായിട്ടത് അപ്പോഴാണ് ഗോപാലകൃഷ്ണന്റെ അടുക്കൽ ഇരിക്കാന്ന് വരും സാറോട് ചോദിച്ചറിയാം സാറിൻ്റെ അടുക്കലായിരുന്നേ ആ എൻ്റെ അടുക്കൽ സോ സ്ഥിര സുഖം ആസനം സ്ഥിരമായും സുഖമായും ഞാനിരിക്കുന്നില്ല എന്ന് അറിഞ്ഞിരിക്കണം എങ്കിൽ പ്രാരബത്തിലിരിക്കണം പുരുഷാർത്ഥത്തിൽ ഇരുന്നാൻ പറ്റില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത ആ ആസനം പ്രാണനെ രയിപ്പിക്കണം പ്രാണനാണ് അറിയുന്നതിൻ്റെ കേന്ദ്രം അറിവ് ആ താനെന്ന അറിവ് മാത്രമാകണമെങ്കിൽ പ്രാണസ്പന്ദനം വിഷയങ്ങളിലാവരുത് വിഷയങ്ങളിലേക്ക് അർത്ഥങ്ങളിലേക്ക് പോകുന്ന ഇന്ദ്രിയങ്ങളെ പ്രത്യാഹരിക്കണം അടുത്തപടിയായ ധാരണാധ്യാനാദികൾ വേണം ഇങ്ങനെ എത്തുന്ന ഒരു സ്ഥലമുണ്ട് നിർവികൽപ്പം അവിടെ എല്ലാ ജഡ്യപ്രതിഭാസങ്ങളെയും ഒഴിച്ചു മാറ്റിയിട്ടു പൂർണ്ണവും സ്വതന്ത്രവും അവക്രവുമായി ബോധത്തിന് നിൽക്കാം അവിടെയായി ബോധം നിൽക്കുന്നത് ആയിരം സൂര്യന്മാരൊന്നിച്ചുദിച്ചതുപോലെ തെരേസ കാണും ഗ്രിഹരി കാണും നാരായണൻ കാണും രാമകൃഷ്ണൻ കാണും അത് കണ്ടാണ് ഋഷി ഭാസയതേ സൂര്യ अवड़े सूर्य प्रकाशिक शशाक नाव ना यदत् न ना निवर्तंतेथापरम उपनिषदशि पर त्रूपाधि न चंद्रधारक ഇങ്ങനൊരു സ്ഥലമുണ്ട് നിർവികൽപ്പത്തിൽ അറിയുന്ന സ്വതന്ത്രവും നിർവികൽപ്പവുമായി ബോധം പ്രകാശിച്ചു നിൽക്കുന്ന ഏതറിഞ്ഞാൽ മഹാശാലനായ ശൗനകൻ അങ്കിരസിനോട് ചോദിക്കുമിടം മട്ടും സാപ്പിടുമിടം കള്ളില്ല കാരണം അതാണ് അനുഭൂതി മട്ടും മാത്രം വിഷയങ്ങളൊന്നും അനുഭവിക്കാത്ത ഇത് മാത്രം അനുഭവിക്കുന്നു ഇതിന് പോണം ഗുരുവിരിക്കും കുഹയെ തേടി കുതിത്തു കുതിത്തു പായണം മൂലമറ്റം പാറണം ടിക്കറ്റ് കൊടുത്ത് നേരെ മൂലാധാരത്തിനറ്റത്തേക്ക് പോയാണത് മൂലം അറ്റം മൂലമറ്റം അവിടെ ആ പവർ ഹൗസ് ഇരിക്കുന്നത് അവിടെയാണ് ഈ പവർ ഹൗസ് ഇരിക്കുന്നത് അവിടെ ഉപാസനയില്ല മൂലാധാരത്തിലും സ്വാധിസ്ഥാനത്തിലും ഉപാസനയില്ല ഉദരത്തിലുപാസനയുണ്ട് ഭാഗവതം പഠിച്ചാലുണ്ട് ചലശ്ശിമാർ ഉദരത്തിൽ ഉപാസിക്കുന്നുണ്ട് നാഭികമലത്തിൽ ഹൃത്കമലത്തിലുപാസനയുണ്ട് മാത്രനായ പുരുഷനെ അതൊക്കെ അറിയുന്നത് ഈ നിർവികൽപ്പ ദശയിലാണ് അപ്പൊ അറിവിന് ഇടം ഒന്ന് അത് നിർവികൽപദ അറിയപ്പെടും വേറായി അറിയപ്പെടുന്ന പ്രപഞ്ചത്തിന് അറിവിൽ നിന്ന് വേറിട്ട് മാറി ഇടമില്ല അറിയപ്പെടുമെന്നതിന് വേറെ ഇടം ഇല്ല അറിയപ്പെടുന്ന പ്രപഞ്ചത്തിന് അറിവിൽ നിന്നു മാറി സ്വതന്ത്രമായി ഒരു സ്ഥലമില്ല അങ്ങ് നിന്നാൽ അറിവേത് ഈ പ്രപഞ്ചാനുഭവത്തിൽ എന്നാൽ അറിവേത് ഇതാണ് സ്ഥിതിയെങ്കിൽ യഥാർത്ഥമായ അറിവേതാണ് ണോ അറിയപ്പെടുന്നതാണോ ഈ അറിയപ്പെടുന്നത് എണ്ണീടേറും അറിയപ്പെടുന്നതാണെന്നിരിക്കട്ടെ ആണെങ്കിൽ അത് എണ്ണിയാൽ എന്നും തോറും വർദ്ധിക്കും പ്രപഞ്ചത്തിൻ്റെ വഴിയെ പോയാൽ പ്രപഞ്ചവിശ്ലേഷണത്തിൻ്റെ വഴിയെ സഞ്ചരിച്ചാൽ അറിയും തോറും എണ്ണമേറും അവയെ ഒരിക്കലും പൂർണ്ണമായി അറിയാൻ ആവില്ല ഇപ്പോ ഒന്ന് ബോധത്തിൽ അങ്കുരിച്ചത് അടുത്ത നിമിഷം ഇതുപോലല്ല അങ്കുരിക്കുന്നത് ഇത് നിത്യ അനുഭവമാണ് അങ്ങനെ തന്നെ സഞ്ചരിക്കുകയുള്ളൂ അടുത്തിരുന്ന ഭർത്താവിനെ പൊന്നെ പൊട്ടേ പൊടിയേ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞാണ് ഇയാൾ നമ്മുടെ ഒരിഷ്ടം സാധിച്ചില്ലെങ്കിൽ കാലമാടനൊന്നൊരു മടിയും കൂടാതെ വിളിക്കും ഒരേ സാധനമാണ് എൻ്റെ കുടലെ കരളെ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ടാണ് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇടിയും കുലട്ടെ എന്ന് വിളിക്കുക കുടല് കുലട്ടായിട്ട് അക്ഷരം ഒന്നും അറിഞ്ഞാൽ ശരം വരിക അപ്പോ ജീവിതത്തില് എണ്ണും തോറും ഇതകലയാണ് അതുകൊണ്ട് ഇത് പഠിച്ചെന്നാണ് തീരുക അത് പുഷ്പദന്തൻ പറഞ്ഞിട്ടുണ്ട് ഈ എണ്ണി എണ്ണി തൊട്ടെണ്ണും തോടും ഇതേറും ഇതിന്റെ ഭാവം വർദ്ധിക്കുമെന്ന് പുഷ്പദന്തൻ ഭംഗ്യന്തരേണ പറഞ്ഞിട്ടുണ്ട് പുഷ്പതന്തനെ അറിയൂല്ല അറിവിന്റെ മേതുരദീർഘങ്ങളായ ഗുണങ്ങളായി പ്രപഞ്ചം എന്താണെന്ന് പുഷ്പതന്തൻ പറയുക അസിതഗിരിസമം സിന്ധുപത്രേ സിന്ധു നദിയാകുന്ന മഷിക്കുപ്പി നിറച്ചു മഷി സുരതരുവരശാഖാലേ ഖനി കൽപ്പവൃക്ഷത്തിന്റെ കൊമ്പ് മുഴുവൻ പേന പത്രമുർവി ഭൂമിയാകുന്ന പത്രം എഴുതാനുള്ള പേപ്പർ ശാരദാ സർവകാലം ലിഖതി സരസ്വതിയാ കുത്തിപ്പിടിച്ചെഴുതുന്നത് ഇക്കാലം അത്രയും എഴുതിയിട്ടും നിന്റെ മഹിമാവാകുന്ന ഈ പ്രപഞ്ചം തീരുന്നില്ല ഇതിനെ പഠിച്ചു തീർക്കാൻ ഓടുന്നതിനേക്കാൾ നല്ലത് ആ നേരത്ത് അവനവനെ പഠിക്കുക എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇവിടെയും അതുപോലെയാണ് അപ്പൊ അറിവിൻ്റെ ഏത് ഇതിലും വസ്തുബോധമാണെന്ന് കാണാൻ കഴിയും ആ നിലയിൽ ഗുരു എന്ത് പറയുന്നു നോക്കാം അറിയുന്നീലൊന്നീ അറിയപ്പെടുമെന്നതുണ്ടുപോയിടും അറിവില് ദേദറിയുന്നീല അറിവെന്നാൽ എങ്ങു നിന്നു വന്നിടും അന്ന് ഒന്ന് അറിയുന്നീല അന്ന് ഒന്ന് അറിയുന്നീല അറിയുന്നീല അന്ന് ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു എണ്ണമറ്റ ജടങ്ങൾ എണ്ണം തോറും വിസ്തൃതമാവുക ബഹുശാഖ അനന്തങ്ങളാണ് എങ്ങനെ പഠിച്ചാലും ബാഹ്യമായ അറിവിന് തൊട്ടാൽ ആദ്യകാലത്ത് ജനറൽ സയൻസൊന്നും ഒന്നേ ഉണ്ടായിരുന്നു എല്ലാം കൂടെ ചേർന്ന് അത് പിന്നീട് ബോട്ടണിയും സുവോളജി ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പിന്നെ അത് വീണ്ടും ബയോളജി പിരിഞ്ഞ് ബോട്ടണി സോളജി ആയി കെമിസ്ട്രി പിരിഞ്ഞ് അനലറ്റിക്കലായി ഫിസിക്കലായി പിന്നെ അവിടെ നിങ്ങൾ വിരിഞ്ഞ് ബയോ കെമിസ്ട്രിയായി ഒരുപാട് ഉപവിഭാഗങ്ങളായി ബയോളജി വിരിഞ്ഞ് മോളിക്കുളർ ബയോളജി ആയി ജെനറ്റിക്സായി ഒരുപാടായി അതിങ്ങനെ പൊട്ടി പിരിഞ്ഞ് പൊട്ടി പിരിഞ്ഞ് പൊട്ടിപ്പിരിഞ്ഞ് ഓന്തോറും ഇതകലയാണ് പണ്ട് ആയപ്പാടെ വൈദ്യശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എം ബി ബി എസ് കാരനെ ഉണ്ടായിരുന്നു അവൻ്റെ അടുക്കിൽ ചെന്നാൽ ആകെ ഒരു ചുവന്ന വെള്ളവും ഒരു മഞ്ഞ വെള്ളവും ഉണ്ടെങ്കിൽ എല്ലാം മാറുവായിരുന്നു ഒരു കുപ്പിയും കൊണ്ടുപോകണമെന്ന് മാത്രമേ ഉള്ളൂ ചെല്ലുമ്പോൾ കമ്പൗണ്ടർ ചോദിക്കും കുപ്പി ഉണ്ടോ അപ്പൊ അവിടെ ചെല്ലുമ്പോൾ കുപ്പി കൊണ്ടുവന്നിട്ടുണ്ടോന്ന് ചോദിക്കും കുപ്പിക്കകത്ത് മുക്കി കൊടുക്കും കൊണ്ടുപോയി കഴിക്കും ബാക്കിയുണ്ടെങ്കിൽ അവിടെ വെക്കും ഇനി ഇങ്ങനെയൊന്നും കാണുന്ന പരിപാടി ഇല്ല ഇത് വീരുന്നവരെ വീട്ടിൽ എന്ത് വന്നാലും ഈ മഞ്ഞയും ചുവപ്പും വെള്ളം കൊണ്ടുള്ള അഡ്ജസ്റ്റ്മെന്റൊക്കെ തള്ളയ്ക്കും നന്തക്കും അറിയാം ഇത് കഴിഞ്ഞപ്പോഴാണ് അടുത്ത പഠിത്തം മണ്വ കാലിൻ്റെ ആയി കൈയ്യടെ ആയി മൂക്കിൻ്റെ ആയി നാക്കിൻ്റെ ആയി അത് കഴിഞ്ഞപ്പോൾ കുറെ കൂടെ കൂടിയതായി ടെണ്ടന്റെയായി കുറച്ചുകൂടെ സൂക്ഷ്മമായി കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അതിനും സൂക്ഷ്മമായി അവസാനം ഇപ്പോൾ ഒരിടത്ത് നിന്ന് ഒരാളെ കണ്ടാൽ എല്ലാവരെയും കൂടെ കണ്ട് കറങ്ങി വരുമ്പോഴേക്കും മിക്കോറും തല കുറ്റിത്താണ്ട് ഒന്നൊന്നായി എണ്ണി എണ്ണി അപ്പൊ അറിവ് എത്ര ശാഖ വയ്ക്കുന്നു അത്രയും അറിവിൽ നിന്നും അവരി അറിവിലേക്ക് പോവില്ല കാരണം നേരത്തെ പഠിപ്പിക്കുമ്പോൾ ഒന്നേ പഠിപ്പിക്കുകയുള്ളൂ ഇപ്പോ എട്ടാം ക്ലാസ്സിലെ അധ്യാപകൻ ആദ്യം പഠിപ്പിക്കുക അയാളും ബി കഴിഞ്ഞിട്ട് വന്ന് രണ്ടാം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ കരുതാം ബി എസ് സി കഴിഞ്ഞ് പിന്നെ പോയൊരു ടി ടി ഒക്കെ എടുത്ത് രണ്ടാം ക്ലാസ്സിൽ കരുതാണ് അപ്പോൾ അങ്ങനെയാണ് അവിടെ ആ വേക്കൻസി എങ്കിൽ ബി എസ് എടുക്കും ബി എസ് സി ഉണ്ട് ബി ഇവിടെ പഠിപ്പിക്കുന്ന ടി സി വരെ വേണം അതിന് പോയിട്ട് എടുത്തു കാരണം അമ്മാവും റിട്ടയർ ആ പോസ്റ്റ് വേക്കൻ്റാണ് ഒരു ആറ് ലക്ഷം കൊടുത്താൽ അങ്ങോട്ട് കയറാം കയറി കയറിയിട്ട് ഇവൻ അവിടെ പഠിച്ചത് തൽക്കാലം മറക്കണം അതിവിടെ പഠിപ്പിക്കും മാറ്റി പഠിപ്പിക്കും ഇത് കഴിഞ്ഞ് എട്ടാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ സറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഓബ്ജെക്ട്സ് എന്ന് പഠിപ്പിക്കും ഡിഗ്രി കഴിയുമ്പോഴേ ഡിഗ്രിക്ക് എത്തുമ്പോഴേക്ക് പിന്നെ ഇത് സൂക്ഷ്മം അത് സ്ഥൂലം അറിവിങ്ങനെ പോയിട്ടിരിക്കും ഇതെന്നാണ് തീരുക എണ്ണമറ്റ ഈ ജഡരൂപങ്ങൾ എണ്ണി എണ്ണി വേർതിരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അന്ന് അന്ന് എണ്ണമറ്റ ഈ ജഡരൂപങ്ങളെ എണ്ണി എണ്ണി വേർതിരിച്ച് ഓരോന്നോരോന്നായി നോക്കുമ്പോൾ ഒന്ന് അറിയുന്നില്ല ബോധമെന്നൊന്ന് അവയെ അറിയുന്നില്ല എന്നു വന്നാൽ അറിയപ്പെടുമെന്നത് ഉണ്ടുപോയിടും അറിയപ്പെട്ടുകൊണ്ടിരുന്ന അവ അനുഭവത്തിൽപ്പെടാതെ മറിഞ്ഞു ും ഉണ്ട് അവയുണ്ട് പക്ഷെ പോയിടും അറിയാതെ പോകും അവയില്ലാത്തതുകൊണ്ടല്ല അവ അവിടെ ഉണ്ട് ഉണ്ടെങ്കിലും അറിവിൽ അത് മറഞ്ഞു പോകും എണ്ണമറ്റ ജഡരൂപങ്ങൾ എണ്ണി എണ്ണി വേർതിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോധമെന്ന ഒന്ന് അറിവ് എന്ന ഒന്ന് അവയെ അറിയുന്നില്ല എന്ന് വന്നാൽ അറിയപ്പെട്ടുകൊണ്ടിരുന്ന അവയെല്ലാം ഇല്ലാത ബോധം അവയെ അറിഞ്ഞാൽ മാത്രമേ അവയുള്ളൂ ബോധം അറിയുന്നില്ലപ്പോ അത് വായിക്കുമ്പോൾ അറിയാം നമുക്കിഷ്ടമുള്ളത് മാത്രം അതിൽ നിന്നെടുത്ത് മാല പോലെ കോർക്കുന്ന സമഗ്രത അറിങ്ങനുണ്ടാവില്ല അപ്പോൾ പുതിയ ശാഖ ഉണ്ടാവും അങ്ങനെ ഈ പുതിയ ശാഖ ഉണ്ടാവുന്നത് ഈ മലയാളത്തിലിറങ്ങുന്ന പുസ്തകങ്ങൾ നോക്കി അറിയാം ഒന്നാമത്തെ പുസ്തകത്തിലെ ഒരു സെന്റൻസും രണ്ടാമത്തെ പുസ്തകത്തിലെ രണ്ടാമത്തെ സെന്റൻസും മൂന്നാമത്തെ പുസ്തകത്തിലെ മൂന്നാമത്തെ സെന്റൻസും ചേർത്ത് വെച്ച് ഞാനൊരു പുസ്തകം ലഭിച്ചു കഴിയുമ്പോൾ അത് വിൽക്കാനൊരു ആളും അതിന് കുറെ പരിപാടി ഇത് ഗംഭീരമാണ് കവറ് കണ്ടില്ലേ സ്വാമിയുടെ പൂർണ്ണകായ ചിത്രമാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ മേടിച്ചുകൊണ്ടു കാശു പോവും അതിന് സമഗ്രത ഉണ്ടായി എന്നില്ല കാരണം അത് പലതിലെ അറിവ് എണ്ണി എണ്ണി കൊണ്ടുപോയതാണ് അതിൻ്റെ സമഗ്രത അറിയണമെങ്കിൽ ബോധം നിൽക്കണം ബോധത്തെ അറിയണം